ശ്രീമുഖീസ് ശനീം <analyze anthropology> സ്മരിച്ച ശിക്ഷദ്ധ്യായത്തിന് ദ്വാദശാനുവാദം നമ്മുടെ ഭാഷ നമ്മളെ ചർച്ച ചെയ്തത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ കുറിച്ചാണ് അതില് എന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു കേവലം കർമ്മം കൊണ്ട് മോക്ഷ സാധ്യമാകുന്നു അതാണാദ്യം ചർച്ച സാധ്യമല്ലാന്നത് സമപ്രധാനമായിട്ട് കർമ്മവും ഉപാസനയും രണ്ടിനും തുല്യമായി രണ്ടും കൂടി ചേർന്ന് അത് മോക്ഷത്തിന് കാരണമല്ല ഉപാസന മുഖ്യം കർമ്മം മറച്ച് കർമ്മം മുഖ്യം ഉപാസനാമുഖ്യം ആ രീതിയിൽ നാല് തരത്തിലും വരുന്ന ജ്ഞാനകർമ്മ സമുച്ചയം അതിനെല്ലാം നിഷേധിച്ചു അതോ വിരോധോ വിദ്യാകർമ്മോഹോ എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് വിദ്യാകർമ്മങ്ങൾ യോജിക്കത്തില്ല സമുച്ചയനൂപ്പത്തി സമുച്ചയം സാധ്യമല്ല വിരോധ ദേവച വിദ്യാ മോക്ഷം പ്രതി കർമാണപേക്ഷതയെ ആ ഭാഷ്യത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു ഇങ്ങനെ എല്ലാ തരത്തിലും ചിന്തിച്ചിട്ടും ഇതിനെ പരസ്പരം സമന്വയിപ്പിക്കാൻ കഴിയുന്നില്ല ോക്ഷത്തിനുവേണ്ടി സ്വത്മനാഭേതുപജിതേതു അതേവസ് ഉപന്യാണി ഏവഞ്ചിരോധ കർമ്മവിധി ശ്രുതി വിദ്യയും കർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്നു വന്നാൽ പിന്നെ ഇവിടെ ഈ പ്രകടനത്തിൽ നിത്യകർമ്മങ്ങളെ കുറിച്ച് മറ്റും പറയും അതെന്തിനു പറഞ്ഞു കർമ്മത്തിന് പ്രയോജനമുണ്ട് എങ്ങനെ പൂർവ്വ ഉപചിത പ്രതിബന്ധ അപനയന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് പൂർവത്തിൽ ആർജിച്ചിരിക്കുന്ന പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കും ശ്രദ്ധിക്കുന്നു അതിലൂടെ വിദ്യാഹേതുത്വം ജ്ഞാനത്തിന് ഹേതുവായിത്തീരുന്നു ഇവിടെ പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നു അതുകൊണ്ട് കർമ്മം നിഷ്പ്രയോജനമാണെന്ന് വരുന്നില്ല അതാണ് അവസാനം പറയും കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കർമ്മത്തിന് ഫലവുമുണ്ട് അതുകൊണ്ട് നിത്യകർമ്മങ്ങൾ അത് നിത്യം എന്നുകൊണ്ട് പറഞ്ഞു കാമ്യ നിഷിദ്ധങ്ങൾ ഒഴിവാക്കും അവശ്യം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങളെന്ന് പറയും പ്രത്യേകിച്ച് സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി അല്ലാതെ അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ അത് ദുരിതക്ഷയത്തിന് ഉപകരിക്കും അതുകൊണ്ട് കർമ്മത്തിന്റെ പ്രാധാന്യം അതിനെയും ഇവിടെ ചർച്ച ചെയ്യുന്നു വിദ്യാഹേതത്വം പ്രതിപദ്ധ്യന്തേ മുമ്പ് എന്താണ് പറഞ്ഞത് മോക്ഷം പ്രതി കർമാണി അപേക്ഷത മോക്ഷത്തിന് വിദ്യകർമ്മത്തെ അപേക്ഷിക്കുന്നില്ല അടുത്ത് എന്ത് പറയുന്നു വിദ്യാ ഹേതുത്വം പ്രതിബദ്ധ അതേസമയം കർമ്മങ്ങൾ വിദ്യയ്ക്ക് ഹേതുവുമാണ് രണ്ടും ഭാഷകാരെ അംഗീകരിക്കുന്നുണ്ട് ഒന്നിനെ മാത്രം സ്വീകരിച്ച പോലെ അതേ വസ്മിൻ പ്രകടന ഉപന്യസ്തയാനി കർമാണി അതുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ കർമ്മങ്ങളെ ഇവിടെ ചർച്ച ചെയ്തത് ചർച്ച ചെയ്യുന്നത് സമാവർത്തനം പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ബ്രഹ്മചാരിയോട് ആചാര്യം പറയുകയാണ് കർമ്മം അനുഷ്ഠിക്കണം അതാണ് സന്ദർഭം ആ കർമ്മം മോക്ഷത്തിന് വിദ്യ സഹായിക്കുന്നില്ല എന്നും പറഞ്ഞു അപ്പം ഇത് രണ്ടുകൂടെങ്കിലും ശരിയാകും അതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടി പറയുന്നു വിദ്യാജ്ഞാനത്തിന് ഹേതു തന്നെയാണ് അത് പ്രതിബന്ധത്തെ നശിപ്പിച്ചുകൊണ്ട് അന്ധകരണ ശുദ്ധിയിലൂടെ അത് ഹേതുവാകുന്നു അതേസമയം വിദ്യ സ്വതന്ത്രമായി മോക്ഷത്തിന് കാരണമാണ് അതുകൊണ്ട് രണ്ടിനും സാങ്കത്യമുണ്ട് കർമ്മത്തെ നിഷേധിക്കുന്നതിനും കർമ്മത്തെ സ്വീകരിക്കുന്നതിനും രണ്ടും പ്രാമാണികമാണ് ഏവഞ്ച അവിരോധ കർമ്മവിധി ശ്രുതിന അതുകൊണ്ട് പറയുന്നു ഇവിടെ അങ്ങനെ വിരോധമില്ല ഭക്ഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള വിരോധം പർവ്വതത്തെ പോലെയുണ്ട് ചലിപ്പിക്കാൻ കഴിയത്തില്ല ദൃഢമായ വിരോധമാണെന്ന് പറയുന്നു എന്നിട്ടിവിടെ പറയുന്നു എന്താണ് അവിരോധ കർമ്മവിധി അങ്ങനെ വിരോധമൊന്നുമില്ല എന്ന് പറയുമ്പോ ഇവിടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല പറയുന്നു ഏത് തരത്തിൽ കർമ്മങ്ങൾ ഉപയോഗപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം ഏത് തരത്തിൽ കർമ്മം സഹായിക്കുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കണം അത് കേവലയായവ വിദ്യയായ പരം ശ്രേ അപ്പോൾ ജ്ഞാനവും കർമ്മവുമായിട്ട് വിരോധമില്ല അതാണ് ഇവിടെ നിഗമനം അതേസമയം മോക്ഷം കേവലമായ ജ്ഞാനം കൊണ്ട് മാത്രമാണ് കർമ്മം കൊണ്ടല്ല കർമ്മത്തിന് അതിന് കാരണമാകുന്നതിനുള്ള യോഗ്യതയില്ല അതേസമയം അക്കർമ്മം വേദത്തിൽ വിധിച്ചിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർമ്മം അനുഷ്ഠേയമാണ് അത് അന്തക്കണ് ശ്രദ്ധയ്ക്ക് വേണ്ടി അതുകൊണ്ട് രണ്ടു കാര്യവും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ് കേവലമായ വിദ്യ കർമ്മരഹിതമായ വിദ്യ കേവലമായ വിദ്യ എന്ന് ഭാഷകാരം പറയുമ്പോൾ സന്യാസപൂർവകമായ വിദ്യ കർമ്മസന്യാസപൂർവകമായ വിദ്യ അതാണ് മോക്ഷത്തിന് കാരണം ഒരേ സമയത്ത് വിദ്യയും അതേസമയം കർമ്മവും അത് ഭാഷ്യകാരം സ്വീകരിക്കത്തില്ല കർമ്മത്തിന് പ്രാധാന്യമുണ്ട് അത് വിദ്യ ഉത്പത്തിക്കും മുമ്പ് വിദ്യോത്പ്യത്തിയും കർമ്മത്തിനും സ്ഥാനമൊന്നുമില്ല ഏവം ദർയാർ ആശ്രമാന്തരാനൂപത്തി അങ്ങനെയാണെങ്കിൽ മറ്റു ആശ്രമങ്ങളുടെ ആവശ്യമില്ല ആശ്രമാന്തര അനരൂപത്തെ എന്തുകൊണ്ട് കർമ്മനിമിത്തത്വ വിദ്യത്തെ ഇവിടെ ഇപ്പോൾ പക്ഷുകാരൻ അംഗീകരിച്ചു വിദ്യ ഉത്പന്നമാവണമെങ്കിൽ കർമ്മം ആവശ്യമാണ് കർമ്മം ജീവിതത്തിൽ കൂടിയേ തീരും കർമ്മം ഇവിടെയാണ് അനുഷ്ഠിക്കുന്നത് ഗാർഹസ്ഥ്യത്തിൽ ഗൃഹസ്ഥാശ്രമം അങ്ങനെ ഗൃഹസ്ഥാശ്രമം മതി സന്യാസ ആശ്രമം അതിന്റെ ആവശ്യം എന്താണെന്നാണ് ആശ്രമാന്തരാനുപത്തി മറ്റൊരാശ്രമത്തിന്റെ ആവശ്യമില്ല കർമ്മനിമിത്ത വിദ്യ ഉത്പത്തി കർമ്മം നിമിത്തമാണ് വിദ്യ ഉത്പത്തിക്ക് കാരണം കർമ്മം കൊണ്ട് അന്തൊക്കെ ശുദ്ധി വരുന്നു വിദ്യ ഉണ്ടാകുന്നു അപ്പൊ കർമ്മം കൂടിയേ തീരി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ആത്മശുദ്ധി നേടുക ജ്ഞാനം നേടുക സന്യാസത്തിന്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് ഗർഭസ്ഥേച്ചി കർമാണി ഗാർഹത്തി കർമ്മങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നത് ഗൃഹസ്ഥനാണ് സന്യാസിക്കല് പൂർവക്ഷ പറയുന്നു ഗർഭസ്ഥീച്ച വിഹിതാനി കർമാണി ഗാർഹസ്ഥ്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് ഏകാശ്രമ്യമേവ ഐകാശ്രമം ഒരാശ്രമമേ ഉള്ളൂ അത് ഗർഹസ്ഥയമാണെന്ന് കരുതിയാലോ അധസ്ഥിത ശ്രുതയോ അനുകൂലതരാഹ ശ്രുതി എന്നും പറയുന്നു എന്താണ് യവജ്ജീവം അഗ്നിഹോത്രം വരെ യാവജ്ജീവം എന്ന് പറഞ്ഞാൽ മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കണമെന്നാണ് മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കണമെങ്കിൽ അവിടെ ഗർഭസ്ഥന്നെ തുടരണം സന്യാസത്തിൽ പിന്നെ അഗ്നിഹോത്രം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കണം അത് ചിത്തശുദ്ധിക്കായിക്കോട്ടെ അങ്ങനെ ചിത്തശുദ്ധിയുണ്ടാവും ജ്ഞാനമുണ്ടാകും സന്യാസം എന്തിനാണ് സന്യാസം കർമ്മത്യാഗം എന്തിനാണ് സന്യാസം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഉറങ്ങണം നമ്മള് സ്വപ്ന ലോകത്തിലൊന്നും പോകാല്ല സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം നമ്മുടെ ഇന്നത്തെ സന്യാസങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം അത് വേണ്ടല്ലോ എന്നാണ് വഷികാരം പറയുന്ന അത്രയൊരു സന്യാസത്തെ കുറിച്ചാണ് സർവകർമ്മ സന്യാസം പറയുന്നു അത് ശരിയല്ല കുറേ പറയുന്ന എന്താണ് ഒരാശ്രമം മാത്രം മതി ഗൃഹസ്ഥാശ്രമം വേറെ ഒന്നും വേണ്ട അത് പറയുന്നു അത് ശരിയല്ല എന്നുണ്ട് കർമ്മ അനേകത്വാ നിങ്ങള് പറയുന്നത് പോലെ കർമ്മം എന്ന് പറയുന്നത് ജ്യോതിഷമോ അഗ്നിഹോത്രമോ മാത്രൊന്നുമല്ല കർമ്മ അനേകമുണ്ട് അഗ്നിഹോത്രാദിവ കർമാണി അഗ്നിഹോത്രാദികൾ മാത്രമാണ് കർമ്മം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ന് എടുത്തു കളയുന്നു ുണ്ട് വേറെന്തൊക്കെയാണ് കർമ്മങ്ങൾ ബ്രഹ്മചര്യം തപ സത്യവദനം സാധകീർ വിദ്യന്റാതിലക്ഷിജാസ്വ ജന്മാന്തരകൃതകർമ്മഭ്യാഗവിഗാർ വിദ്യോത്പത്തിസംഭവ കർമാ ഗർസ്ഥ വിദ്യം സത്യാം കുറവ് പറയുന്ന എന്താണ് ഒരാശ്രമം മതി ഗൃഹസ്ഥാശ്രമം മാത്രം മതി അതിനു ഭാഷികാരം നിഷേധിക്കുന്നു ഗൃഹസ്ഥാശ്രമവും അത്യാവശ്യമുള്ള കാര്യമല്ല എന്തുകൊണ്ട് എന്നാൽ ഹി അഗ്നിഹോത്രാദി ദൈവ കർമാണേ അഗ്നിഹോത്രാദി ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അഗ്നിഹോത്രാദികൾ അതുമാത്രമുള്ള കർമ്മങ്ങൾ എന്ന് കർമ്മങ്ങൾ സന്യാസാശ്രമത്തിലുമുണ്ട് മാനസികമോ വാചികമോ ശാരീരികമോ ആയ കർമ്മങ്ങൾ മറ്റാശ്രമങ്ങളിലും ഉണ്ട് ഇതരാശ്രമ പ്രസിദ്ധാനി ബ്രഹ്മചര്യം സന്യാസം വാനപ്രസ്ഥം ഈ ആശ്രമങ്ങളിലും കർമ്മങ്ങളുണ്ട് എന്തൊക്കെയാണത് ബ്രഹ്മചര്യം അതൊരു കർമ്മമാണ് ഒരു വ്രതമാണ് അനുഷ്ഠാനമാണ് മാനസികമായ നിശ്ചയമാണ് തപ പലതരത്തിൽ പറയുന്ന തപസ്സുകൾ പ്രായശ്ചിത്ത രൂപത്തിലും മറ്റ് പലതരത്തിലും അനുഷ്ഠിക്കേണ്ടി വരുന്ന തപസ്സുകൾ കർമ്മങ്ങളാണ് അത് മറ്റാശ്രമത്തിലുള്ളതാണ് ഇപ്പൊ സ്നാനം പോലെയുള്ള കാര്യങ്ങൾ അത് നിയമപൂർവം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തപസായി സത്യവദന സത്യം പറയുക അത് സന്യാസത്തിലെ സത്യം പറയാൻ സാധ്യമാവും രണ്ടാത്തരും സത്യവാദന സാധ്യമാണ് സന്യാസത്തിൽ മാത്രമേ സത്യവാദന സാധ്യമാന്യാസിമാരാണല്ലോ സത്യം പറയുന്നില്ലല്ലോ ഒന്നും സാ സന്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ത്യാഗം ആശ്രമവും കിട്ടിയിരുന്ന സത്യം പറയാൻ പറ്റത്തില്ല അസത്യവും പറയണ്ടി അതും എല്ലാം ഉപേക്ഷിക്കുന്നു സന്യാസ് അതെന്താ അങ്ങനെ സത്യം പറയാൻ പറ്റത്തില്ല വ്യവഹാരത്തിൽ ജീവിക്കുക സത്യം പറയുക അത് വ്യവഹാരം സഫലമാക്കണം അതിന് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കള്ളവും പറയേണ്ടി വരും അതുകൊണ്ട് സത്യവചനം അതുകൊണ്ടുതന്നെ ഗ്രഹസ്ഥനും പ്രയാസമാണ് ഗർഹസ്ഥ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ബ്രഹ്മചര്യം തപസ് സത്യവചനം ഇതൊന്നും സാധ്യമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടണമെങ്കിൽ ചെറിയ കള്ളങ്ങളൊക്കെ പറയേണ്ടി അല്ല സാധ്യമല്ല ശമഹ ദമഹ അഹിംസ ഇതെല്ലാം എന്താണ് ഇതരാശ്രമപ്രസിദ്ധാനി അതിന്റെ കർമാണിതും കർമ്മങ്ങളാണ് ഇതരാശ്രമ പ്രസിദ്ധാനി എന്ന് വെച്ചാൽ സന്യാസത്തെ പ്രസിദ്ധമായിരിക്കും സന്യാസം എന്ന് വെച്ചാൽ സർവത്യാഗരൂപത്തിലുള്ള സന്യാസം എല്ലാം ഉപേക്ഷിച്ച് പരിപ്രചനം എന്നുള്ളത് ഇതെല്ലാം പൂർണ്ണമായി പരിപ്രചനത്തിലെ സാധ്യമാകും അല്ലെങ്കിൽ വ്യവഹാരം വരും വ്യവഹാരം വരുമ്പോൾ അവിടെ അസത്യം വരും സത്യത്തെ മാത്രം ആശ്രയിച്ച് വ്യവഹാരം നടക്കുക അവർ അതുകൊണ്ടാണ് പറഞ്ഞ് ഇതരാശ്രമ പ്രസിദ്ധാന ഗൃഹസാശ്രമത്തിൽ ഉണ്ടെന്നല്ല പറഞ്ഞത് ഇതര ആശ്രമങ്ങളുണ്ട് ഇതെല്ലാം കുറേയൊക്കെ ഗ്രഹസ്ഥാശ്രമിക്ക് സ്വീകരിക്കാവുന്ന ഒരു ചെറിയ ഇളവ് കൊടുക്കും ശരിക്കും ഇതരാശ്രമത്തിനോട് എന്ന് വെച്ചാൽ സർവത്യാഗരൂപത്തിലുള്ള സന്യാസാശ്രമം അപ്പം ഇന്ന് സന്യാസിയാണ് കള്ളം പറയേണ്ടി വരുന്നെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സന്യാസമല്ല എന്നുവെച്ചാൽ ത്യാഗരൂപത്തിലുള്ള സന്യാസം സർവത്യാഗരൂപത്തിലുള്ള സന്യാസം അതെന്നില്ല വിദ്യ ഉത്പത്തു സാധുതമാനി ഇത് വിദ്യോത്പത്തിയിൽ അന്തരംഗമായിരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമി ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നിത്യകർമ്മങ്ങളും പറ്റും അത് ബഹിരംഗങ്ങളാണ് അത് വിദ്യക്ക് കാരണമാണ് പക്ഷെ അത് കർമ്മം ചെയ്യുന്നു ചിത്തശുദ്ധി വരുന്നു കർമ്മങ്ങളിൽ നിന്ന് വിരക്തനാകുന്നു ഗ്രഹത്തെ ഉപേക്ഷിക്കുന്നു അതാണ് പരമ്പരയായിട്ട് വരുന്നത് ഇതങ്ങനെയല്ല അത്രയും എത്തിക്കഴിഞ്ഞു ഗൃഹത്തെയും ഉപേക്ഷിച്ചു കർമ്മങ്ങളെയും ഉപേക്ഷിച്ചു വ്യവഹാരത്തെ തന്നെ ഉപേക്ഷിച്ചു ശരീരം നിലനിർത്താൻ വേണ്ടി വിക്ഷാടനം മാത്രം സ്വീകരിക്കുന്നു ആ ഒരു നിലയിൽ അയാൾ അനുഷ്ഠിക്കുന്ന ബ്രഹ്മചര്യം തപസ് സത്യവദന ശബന്ധമും അഹിംസ ഇതെല്ലാം വിദ്യോത്പത്തിക്ക് നേരിട്ട് സാധകത മാനി നേരിട്ട് കാരണമായി തീരുന്നു അതുകൊണ്ടാണ് ശങ്കരാചാര് പറയുന്നത് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ അവിടെ സന്യാസിക്കുമുണ്ട് കർമ്മങ്ങൾ ആ കർമ്മങ്ങളാണ് ബ്രഹ്മചര്യം സത്യം എന്ന് പറയുന്നു ശരീരം കൊണ്ടു ചെയ്യുന്ന ആയാസകരമായ പ്രവൃത്തികൾ മാത്രമല്ല കർമ്മം ഇതൊക്കെയാണ് മുഖ്യകർമ്മ സന്യാസിയുടെ മുഖ്യകർമ്മം ഇത് വിദ്യോത്പത്വ സാധകതമാനി അസങ്കീർണത്വ ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് സന്യാസിയുടെ കർമ്മത്തിന് എന്താണ് അത് അസങ്കീർണമാണ് അസങ്കീർണമെന്ന് വെച്ചാൽ ഹിംസാരഹിതമാണ് പൊതുവെ അവിടെ ഹിംസ വ്യവഹാരം ഉണ്ടെങ്കിൽ ഹിംസിക്കേണ്ടി വരും ഹിംസ സംഭവിക്കുന്നു വ്യവഹാരത്തിന് സത്യവും പറയും അസത്യവും പറയേണ്ടി വരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുകൊല്ലാം ഹിംസിക്കേണ്ടി വരും മനുഷ്യരെ തെറ്റ് ചെയ്യുന്നതിനെ ശിക്ഷിച്ചാലും അത് ഹിംസയാണ് ഒരാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയാലും അത് ഹിംസയാണ് ഇപ്പൊ വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് ഹിംസ ഒഴിവാക്കാൻ സന്യാസിക്ക് വ്യവഹാരമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അയാളുടെ ബ്രഹ്മചര്യാദികളെല്ലാം അസങ്കീർണമാണ് ഹിംസാരഹിതമാണ് രണ്ടുപേരുടെ ഉള്ളിടത്തല്ലേ വ്യവഹാരമുള്ളു സന്യാസി ഏകാഗിയാണ് ഏകയാഗിയായിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിംസയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ് പ്രകൃതി നിന്നെന്തെങ്കിലും സംഭവിച്ചാലും സ്വയം തന്റെ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഹിംസയൊന്നും ചെയ്യേണ്ടി വരുന്നില്ല വിവഹാരമില്ലാത്ത അസങ്കീർണത്വ അസത്യം പറയേണ്ടി വരുന്നില്ല വ്യവഹരിച്ചാൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള വ്യവഹാരം ഉണ്ടെങ്കിൽ അവിടെ അസത്യം പറയേണ്ടി വരും അത് ആരുടെയും ദോഷമല്ല കുറ്റമല്ല പ്രകൃതിയുടെ ഒരു നിയമമാണോ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും വ്യവഹാരം വന്നാൽ അസത്യം കടന്നു വരുവാ ആണെങ്കിൽ ഏകാഗ്രയാണെങ്കിൽ ദത്താത്രേന്റെയും മറ്റും കഥ പറയേണ്ടി ഏകാഗിയാണ് ആരുമായിട്ടും വ്യവഹാരമില്ല ഒരു തരത്തില് പിന്നെ അസത്യ അസത്യവചനത്തിനുള്ള അവസരങ്ങളില്ല അതുകൊണ്ട് അസങ്കീർണത്വ അയാളുടെ എല്ലാ കർമ്മങ്ങളും ഹിംസാശൂന്യമാണ് പിന്നീട് എന്താണ് ധ്യാന ധാരണാതി ലക്ഷണാനിച്ച പിന്നെ സന്യാസിയുടെ കർമ്മങ്ങൾ എന്ന് പറയുന്ന എന്താണ് ധ്യാനം ധാരണ മാനസിക കർമ്മങ്ങളല്ലേ സമാധി വരെയുള്ള കാര്യങ്ങളയാളെ പരിശീലിക്കുന്നതെല്ലാം മാനസിക കർമ്മങ്ങളാണ് ധ്യാനവും കർമ്മമാണ് എന്ന് പറയും എനിക്ക് കർമ്മത്തിലൊന്നും താല്പര്യമില്ല ധ്യാനത്തിലാണ് കൂടുതൽ താല്പര്യം കർമ്മം ബന്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് ഭാഷകാലം പറയുന്നത് ധ്യാനവും കർമ്മം തന്നെ ധാരണയും കർമ്മം തന്നെ ഇതെല്ലാം കർമ്മം തന്നെ ശ്രവണ മനനങ്ങളെല്ലാം കർമ്മം തന്നെ അതെല്ലാം മാനസികമായ കർമ്മങ്ങൾ സന്യാസിയുടെ കർമ്മങ്ങൾ അതല്ല അത് ഹിംസാശൂന്യമാണ് അത് അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊരാശ്രമം വേണ്ടേ അതാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത് അതൊന്നും ഗൃഹസ്ഥാശ്രമത്തിന് സാധ്യമല്ല ഭൂപക്ഷ എന്താണ് പറയുന്ന ഒരു ആശ്രമം മതി ഗൃഹസ്ഥാശ്രമം അവിടെ കർമ്മം ചെയ്യുക ചിത്രശുദ്ധി നേടുക അവിടെ ഇരുന്ന് ഞാനും പ്രാപിക്കും അതിനോട് ഭാഷകാരം യോജിക്കുന്നില്ല പറയുന്നത് ശരിയല്ല മറ്റൊരാശ്രമമുണ്ട് സന്യാസാശ്രമം അവിടത്തെ ഈ കർമ്മങ്ങളുമുണ്ട് അവിടെയാണ് ഹിംസാശൂന്യമായ കർമ്മങ്ങളുള്ളത് ആ കർമ്മങ്ങളാണ് വിദ്യയ്ക്ക് സാക്ഷാത്കാരണമായിരിക്കുന്നത് പക്ഷിരിച്ച തപസ്സ ബ്രഹ്മവിധി തപസ്സുകൊണ്ട് ആ ബ്രഹ്മത്തെ അറിയാൻ തപസ്സെന്നു പറഞ്ഞതെല്ലാം ചേർത്താണ് ബ്രഹ്മചര്യവും തപവും സത്യവദനവും ശമവും തമവും എല്ലാം ചേർത്താണ് ഇവിടെ തപസ്സെന്ന് പറയും ഓരോന്നും തപസ്സാണ് അതുകൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ തപസ്സിലൂടെ ശ്രമിക്കൂ എന്നാണ് അത് മാത്രമല്ല ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം സന്യാസം ഇതിൽ റോഷി പറയുന്നത് ഗാർഹസ്ഥ്യം കുടിയേ തീരുന്നതാണ് പക്ഷികാരം പറയുന്നത് അതത്ര നിർബന്ധമുള്ള ഒരാശ്രമമാണ് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം ഇതാണ് ഒഴിവാക്കാൻ വയ്യാത്ത ആശ്രമം മറ്റത് ഒഴിവാക്കാവുന്നതാണ് ഗർഭസ്ഥ്യം കൂടിയേ തീരുവെന്നുള്ള ഇത് ജന്മാന്തരകൃത കർമ്മഭ്യ പ്രാഗതി ഗർഭസ്ഥ വിദ്യോത്പത്തി സംഭവ ജന്മാന്തരകൃത കർമ്മഭ്യസ്ഥ പ്രാഗതി ഗർഹസ്ഥ വിദ്യോത്പത്തി സംഭവ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം കർമ്മം ചെയ്യണം ചിത്തശുദ്ധി നേടണം മോക്ഷം നേടണം എന്നുള്ള പറയുന്നത് അതിന്റെ ആവശ്യമുണ്ട് പൂർവ ജന്മങ്ങളിൽ ചെയ്ത കർമ്മം കൊണ്ട് ഒരാൾക്ക് ഗാർഹസ്ഥയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്തശുദ്ധിയും വിദ്യ ഉത്പത്തി എല്ലാം സംഭവിക്കാം അങ്ങനെയിരിക്കെ ഗാർഹസ്ഥ്യം കൂടിയേ തീരുവെന്ന് ഇങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് പ്രാഗവിഗർഹസ്ഥ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് വിദ്യ ഉത്പത്തി വിദ്യോത്പത്തി സംഭവിക്കാം കർമാർത്ഥത്വച്ച ഗാർഹസ്യ പ്രതിപത്ത് ഗാർഹസ്യ എന്തിനു വേണ്ടി കർമാർത്ഥത്വ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ വിദ്യോത്പത്തി സംഭവിച്ചു അപ്പൊ വിദ്യോത്പത്തി എന്ന് പറയുന്നത് എന്താണ് വേദ അധ്യയനം ചെയ്തു പറയുന്നു വേദം വിചാരം ചെയ്യണം വേദവിചാരം ചെയ്തു അയാൾക്ക് വേദ താൽപര്യവുമായി മനസ്സിലായി ഉപൻഷത്തിന്റെ താൽപ്പര്യമായി മനസ്സിലായി താൻ അകർത്താവായ ആത്മാവാണ് കർമ്മശൂന്യനായ ആത്മസ്വരൂപമാണെന്നും മനസ്സിലായി ഈ മനസ്സിലാക്കുന്നതാണ് വിദ്യോത്പത്തി ഇതറിയുന്നവൻ പിന്നീട് എന്തിനും ഗാർഗസ്ത്യ സ്വീകരിക്കണം കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാർഹസ്ഥയത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല കർമ്മസാധ്യായം ച വിദ്യാം സത്യം ഗാർഹസ്ഥ്യപ്രതിഭത്തിൽ അനർത്ഥികായവ അതുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്ന കാലത്ത് ബ്രഹ്മചര്യകാലത്ത് തന്നെ കർമ്മസാധ്യമായ വിദ്യ അയാൾ വന്നുകഴിഞ്ഞു കർമ്മം കൊണ്ട് സാധ്യമായ വിദ്യ കർമ്മം ചെയ്യാതെ എങ്ങനെ പൂർവ്വജന്മ കർമ്മം കൊണ്ട് ഫലമായിട്ട് ഈ ജന്മത്തിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ തന്നെ വിദ്യായാം സത്യം വിദ്യ വന്നു കഴിഞ്ഞു ഗാർഹസ്യ പ്രവർത്തി പ്രതിഭത്തിൽ അനർത്ഥിക ഏവാ പിന്നീട് ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അനർത്ഥികയാണ് അനർത്ഥമാണ് നിഷ്പ്രയോജനമാണെന്നർത്ഥം ഒരു പ്രയോജനമില്ലാത്തതാണ് ഗാർഹസ്യം കൂടിയേ തീരൂ എന്ന് ഉള്ള വാദത്തിന് നിഷേധിക്കുകയാണ് അത് ശരിയല്ല മറിച്ച് ഗാർഹസ്ഥ്യം പലർ സംബന്ധിച്ചു അത് വ്യർത്ഥമാണ് അനർത്ഥകമാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മബോധമുണ്ടായി ആത്മബോധമുണ്ടായ പിന്നെ എന്താ സംഭവിക്കുന്നത് കർമ്മത്യാഗമാണ് കർമാനുഷ്ഠാനമാണ് കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള ഗർഹസ്ഥ്യം പിന്നെ എന്തിനു സ്വീകരിക്കണം അതുകൊണ്ട് ഗാർഹസ്ഥ്യം നിർബന്ധമായി സ്വീകരിക്കേണ്ട ഒരാശ്രമമല്ല നാല് വിധ ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ നിർബന്ധമായി സ്വീകരിക്കേണ്ടത് ബ്രഹ്മചര്യവും സന്യാസവുമാണ് ഗർഹസ്ഥ്യല്ല എന്നാണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത് മറിച്ച് ലോകം ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ഗർഹസ്ഥ്യം ഉണ്ടാകണം ഗർഭസ്ഥ്യണ്ടായാലേ ലോകം നിലനിൽക്കൂ പ്രജകളുണ്ടായാലേ പ്രജാ പരമ്പര സന്തതി പരമ്പര നിലനിൽക്കും എന്നൊക്കെയാണ് ലോകം ധരിച്ചിരിക്കുന്നത് ഭാഷകാരനതിനോട് യോഗിക്കുന്നില്ല ലോകം എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ജീവൻ ചിന്തിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് കാരണം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവൻ അല്ല ഈശ്വരനാണ് അതിൽ ഈശ്വരൻ നിലനിർത്തിക്കോളും നിലനിർത്തേണ്ടിടത്തോളം കാലം അതും നിലനിർത്തും ജീവൻ ചിന്തിക്കേണ്ട എന്താണ് ആത്മശ്രേയസിനെക്കുറിച്ചാണ് നിശ്രേയസത്തെക്കുറിച്ചാണ് ജീവസൃഷ്ടി അതിനു വേണ്ടിയിട്ടാണ് ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതീശ്വര സൃഷ്ടിച്ചു കഴിഞ്ഞു ജീവസൃഷ്ടി നിശ്രേയസത്തിന് വേണ്ടിയിട്ടാണ് അതിന് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം മതി ഗാർഹസ്യം ആവശ്യമില്ല അതുകൊണ്ട് ഗാർഹസ്ഥ്യം നിർബന്ധപൂർവമായി ഒന്നുള്ളതല്ല എന്ന് പറയുന്നത് കർമ്മം നിർബന്ധപൂർവമായി അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഇവിടെ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ കർമ്മം ഭാഷയത്തിൽ സർവത്ര അതാണ് ഗാർഹസ്ഥ്യം സമം കർമ്മം കർമ്മം സമം ഗർഹസ്ഥ്യമെന്ന് മനസ്സിലായി ചണ്ടുമൊന്നു തന്നെയാണ് കർമ്മത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെയുള്ളൂ ഗാർഹസ്ഥ്യത്തിന്റെ ബ്രഹ്മചര്യത്തിലോ മംഗസന്യാസത്തിലോ കർമ്മമില്ല ബ്രഹ്മചര്യ ആശ്രമത്തിലും വരുന്നത് എന്താണ് അവിടെ അവിടെ ഈ കർമ്മം കൊണ്ടെന്താണ് ബ്രഹ്മചര്യം തപസ് സത്യവചനം ശമതമ അഹിംസ വേദാധ്യയനം തുടങ്ങിയ കാര്യങ്ങളാണ് അത് ഗൃഹസ്ഥ അത് അസങ്കീർണ കർമ്മമാണെന്ന് വെച്ചാൽ അത് തപസ്സാണ് മൊത്തത്തിൽ അവിടെ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിച്ചാലും അതുതന്നെ അവിടെയും അസങ്കീർണ കർമ്മമാണ് ഗൃഹസാശ്രമധർമ്മം അങ്ങനെയാണ് അത് സങ്കീർണ കർമ്മമാണ് വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഹിംസയുണ്ട് എന്തുകൊണ്ട് ഹിംസിക്കാൻ വ്യവഹാരം സാധ്യമല്ല ഹിംസ ഹിംസ എന്ന് കൊല്ലുക എന്നുള്ള അർത്ഥമാണ് ഏതെങ്കിലും തരത്തിലുള്ള പരപീഡനം അത് ഹിംസ വാചികമോ മാനസികമോ വ്യവഹാരത്തിൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനെ ഒരാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ സന്യാസി സ്വീകരിച്ചു തന്നിരിക്കട്ടെ സന്യാസി സ്വീകരിച്ചാൽ വ്യവഹാരത്തിലേർപ്പെട്ടാലും അവിടെ ഹിംസ വരും ഈ പറയുന്ന എല്ലാ വ്രതങ്ങൾക്കും ദോഷം വരും ബ്രഹ്മചര്യം തപസ് സത്യവദന ശമം തമം അഹിംസ ഇതെല്ലാം വ്യവഹാരത്തിൽ നിൽക്കുന്ന സന്യാസിക്കും ഇതിനെല്ലാം ഭംഗം വരും അത് ഭാഷകാരന്റെ അഭിപ്രായമാണ് അത് അലംഘനീയമായി പരിപാലിക്കാൻ കഴിയത്തില്ല അഭങ്കുരമായത് തുടരത്തില്ല ഈ വ്രതങ്ങൾ എന്തുകൊണ്ടവിടെ വ്യവഹാരം വരുന്നു പിന്നെ അയാൾ എന്ത് ലേബൽ നോട്ടിച്ചിരിക്കുന്നു എന്നുള്ളതിന് കാര്യമില്ല സന്യാസം ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം ഇങ്ങനെയുള്ള വ്യത്യസ്ത ലേബലുകളിൽ കാര്യമില്ല അയാളുടെ ജീവിതധർമ്മം അതിലാണ് മുഖ്യം അത് സന്യാസത്തിൽ വ്യവഹാരം വന്നാൽ അത് സങ്കീർണമാകും അവിടുത്തെ കർമ്മങ്ങൾ ഹിംസാദി ദോഷങ്ങളോട് കൂടിച്ച് ഗാർഹസ്യത്തിനും അങ്ങനെ തന്നെ അതുകൊണ്ട് ഗാർഹസ്യത്തിനാണോ മേന്മ അല്ലെങ്കിൽ സന്യാസത്തിനാണോ മേന്മ എന്ന് തീരുമാനിക്കേണ്ട ഇതാണ് അത് സങ്കീർണമാണോ അസങ്കീർണമാണോ അസങ്കീർണമായിരിക്കണമെങ്കിൽ അവിടെ വ്യവഹാരഹിതമായിരിക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ വ്യവഹാരം ഒഴിവാക്കാൻ പറ്റത്തില്ല അവിടെ വ്യവഹാരം കൂടിയേ തീരൂ അവിടെ ഇതൊന്നും പൂർണ്ണമായി പാലിക്കാൻ കഴിയത്തില്ല പിന്നെ വ്യവഹാരം ധരിക്കുന്നത് സന്യാസത്തിലെ സാധ്യമാണ് ശങ്കരാചാര്യർ പറയുന്ന സന്യാസത്തിൽ ഇന്നത്തെ സന്യാസത്തിലല്ല ഇന്നത്തെ സന്യാസത്തിൽ വ്യവഹാരം ധരിക്കാൻ സാധ്യമല്ല വ്യവഹാരത്തോട് കൂടിയേ പറ്റും അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മചിരിയാദി തപസ്സുകൾ എല്ലാ ന്യൂനതകളും വരും അതുകൊണ്ട് അതിന്റെ വ്യത്യാസത്തെ എടുത്തു കാണിക്കുക എന്താണ് യഥാർത്ഥത്തിലുള്ള സന്യാസം എന്താണ് ഗരഹസ്ഥ്യം എന്താണ് അതിന്റെ ഗുണം എന്താണ് അതിന്റെ ദോഷം എന്തായാലും ഗ്രഹസ്ഥാശ്രമം മാത്രം മതി എന്ന് പറയുന്നതിനോട് ഭാഷകാരെ യോജിക്കുന്നില്ല ലോകാർത്ഥത്വ പുത്രാദീനാണ് ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നു ഗ്രഹസ്ഥ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു പുത്രൻ വിത്തം ഇതെല്ലാം സമ്പാദിക്കുന്നു ഇതെല്ലാം എന്തിനുവേണ്ടി ലോകാർഷത്വ പുത്രാധീന ഗൃഹസ്ഥാശ്രമം ഇവിടെ ഇരുന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പരലോകത്തിനു വേണ്ടിയിട്ടാണ് ശ്രേഷ്ഠമായ ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദക്ഷിണായനം ഉത്തരായണം മാർഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു ഈ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള കർമ്മങ്ങളും ഉപാസനകളുമൊക്കെ ചെയ്യുകയാണ് പുത്രനും മറ്റും അതിനുവേണ്ടിയിട്ടാണ് പുത്രാദിസാധ്യഭ്യസ്ഥ അയൻലോക പിതൃലോകദേവലോകേതേഭ്യോ വ്യാവൃത്താമസാത്മലോകദർശിനർമാണി പ്രയോജനം അപ്പശ്യത കഥം പ്രവൃത്തിരുപദ്ധ്യതാണ് സന്യാസിയിൽ എങ്ങനെ പ്രവൃത്തി സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയുള്ള സന്യാസി പറയുന്നത് പുത്രാതിസാധ്യാഭ്യസം പുത്രാതിസാധ്യമായ ലോകം എന്നുവെച്ചാൽ പുത്രൻ പിതാവിന്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നവനാണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മരിക്കാൻ ആർക്കും സാധ്യമായി ചെയ്തു വെച്ച കർമ്മങ്ങളെല്ലാം അപൂർത്തിയായേ ഒരാൾക്കും മരിക്കാൻ പറ്റും എല്ലാ കർമ്മവും പൂർത്തിയാക്കാൻ കഴിയത്തില്ല അപ്പൊ കർമ്മത്തിൽ ന്യൂനതയോടുകൂടി മരിക്കും പക്ഷെ ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മം പൂർത്തിയാക്കണമെന്നാണ് നിയമം എന്തുകൊണ്ട് കർമ്മം അന്യൂനമായി പൂർത്തിയായാലേ അതിൽ നിന്ന് ഫലമുണ്ടാക്കുന്നു ഒരുവൻ കർമ്മത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളെക്കുറിച്ചാണ് താൻ തുടങ്ങിവെച്ച എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി മരിക്കാമെന്ന് പറയുന്ന സാധ്യമുണ്ട് കാരണം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങൾ പൂർത്തിയാകുന്നില്ലെന്നാണ് ഇടയ്ക്ക് മരിച്ചു പോകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവശതകൾ വരാം കർമ്മങ്ങൾ തുടർന്നു പോകാൻ കഴിയാതെ വരാം നിത്യാഗ്നിഭവത്തിൽ എന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ആരോഗ്യമില്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ചെയ്തിരിക്കെ ഒരിക്കലും ആൾ മരിച്ചുപോയെന്നു വരാം അപ്പൊ കർമ്മ പൂർത്തി അവരുടെ ജീവിതത്തിൽ സാധ്യമല്ല അവന്റെ കർമ്മം എങ്ങനെ പൂർത്തിയാകും അതിനു വേണ്ടിയിട്ടാണ് പുത്രൻ പുത്രൻ എന്തു ചെയ്യുന്നു ആ കർമ്മത്തെ പൂർത്തിയാകുന്നു പിതാവിന്റെ കർമ്മത്തെ പുത്രൻ പൂർത്തിയാകുമ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പിതാവിന് പിതൃലോകം ദേവലോകം തുടങ്ങിയ ലോകങ്ങൾ ഉണ്ടെന്ന് എന്തിനു വേണ്ടിയാണ് അവന് ചെയ്തത് ആ ലോകങ്ങൾ തേതേഭ്യോ വ്യാപൃത്ത കാമസ്യ ഇതിനൊന്നും കാമനയില്ലാത്തവൻ ഒരു ലോകം ഒരു ലോകത്തിനു വേണ്ടി പുത്രനും പുത്രനും വേണ്ട ലോകത്തിനു വേണ്ടിയിട്ടാണ് പുത്രൻ അത് പുത്രനും വേണ്ട നിത്യസിദ്ധാത്മലോക ദർശന മറ്റ് ലോകങ്ങളെയല്ല അവൻ പ്രതീക്ഷിക്കുന്നത് ആത്മലോകത്തെ അവൻ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ശ്രുതി നിന്ന് ആ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു കർമാണി പ്രയോജനം അപശ്യത അവനെ കർമ്മങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല കഥം പ്രവൃത്തിരുപദ്ധ്യതയെ അവനെങ്ങനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ന് ആത്മതത്വത്തെ കുറിച്ച് ഗ്രഹിക്കാൻ അവസരം വന്നാൽ എന്തിനു വേണ്ടിയയാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കണം പ്രയോജനം അവശ്യത അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അന്ന് ഗൃഹസ്ഥാശ്രമം നിർബന്ധമായി സ്വീകരിക്കേണ്ട ഒന്നല്ല അത് മാത്രമല്ല ഇനി അവൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതെന്ന് തന്നെ ഇരിക്കട്ടെ അനപൂർവ്വ സംസ്കാരം ഉണ്ടെങ്കിൽ അവൻ അത് വഴിയിൽ വെച്ച് കളഞ്ഞിട്ട് പോകും അത് തുറന്നുകൊള്ളണമെന്ന് നിയമമൊന്നുമില്ല ഗൃഹസ്ഥാശ്രമത്തെ അവസാനിപ്പിച്ചാൽ അതിന് പാപമോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ ഒന്നും പറയുന്നില്ല ഒരുവനിൽ ഗ്രഹസ്ഥാശ്രമത്തിലിരിക്ക വന്നു കഴിഞ്ഞാൽ ജ്ഞാനപ്രാപ്തി ഉണ്ടായാൽ അവനത് ഉപേക്ഷിക്കാം ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത് ഉപേക്ഷിക്കാത്തവരും ഉണ്ടായേക്കാം പക്ഷെ ഉപേക്ഷിക്കാം അത് ഇവിടെ പറയുന്നത് വിദ്യ ഹേതുവായിട്ടുള്ള ഗൃഹസ്ഥാശ്രമത്തെ ആകട്ടെ അല്ലാതെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്ന കാര്യം അങ്ങനെ ഉപേക്ഷിക്കാറുണ്ട് അതെന്റെ കൂടെ ചർച്ച ചെയ്തു പ്രതിപന്ന ഗർഹസ്ഥ ശാപി ഒരുവൻ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞു വിദ്യോത്പത്തു അവനിൽ പക്ഷെ വിദ്യയുണ്ടായി വിദ്യാപരിഭാഗ വിദ്യു പരിഭാവമുണ്ടായി വിദ്യയ്ക്ക് നല്ല ദൃഢതയുണ്ടായി വിദ്യയിലെ അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാകുന്നു സ്ഥിതപ്രജ്ഞനായി നടത്തും വിരക്തസ്യ അവന് പിന്നെ ലോകവ്യവഹാരങ്ങളിൽ നിന്നും താല്പര്യമില്ല കർമ്മസ്വപ്രയോജനം അവശ്യതഹ കർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കാണുന്നില്ല കർമ്മങ്ങളെല്ലാം മറ്റ് ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രയോജനമൊന്നും കാണുന്നില്ല അവന് കർമ്മഭ്യോ നിവൃത്തിരേവ സാ അവൻ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നു ഭാര്യ മക്കളേക്ക് ഉപേക്ഷിക്കുന്നു സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്നു പരിവ്രജനത്തെ സ്വീകരിക്കുന്നു ഇപ്പൊ ഗ്രഹസ്ഥാശ്രമമല്ല അത്യാവശ്യമായിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ള പരിഭ്രജനമാണ് സന്യാസമാണ് അതാണ് മുഖ്യം അല്ലാതെ ലോകം കരുതുന്നത് പോലെ മുഖ്യം മറ്റുള്ളതെല്ലാം അതിനെ ആശ്രയിച്ചു മുഖ്യം എന്ന് പറയാറുണ്ട് അതല്ല ശരി മുഖ്യം ഗ്രഹ സന്യാസമാണ് എന്തുകൊണ്ട് ഗ്രഹസ്ഥനും സന്യാസിക്കുന്നു മറിച്ച് സംഭവിക്കാറില്ല സന്യാസി ഗൃഹസ്ഥനാകുക അതൊരിക്കലും സംഭവിച്ചിട്ടേ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല ഞങ്ങൾക്ക് ചിലരെ അറിയാമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞു അത് അത്തരം സന്യാസിയെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞു വിദ്യോത്പത്തിയിൽ വരുന്ന കർമ്മത്യാഗം ആ കർമ്മത്യാഗത്തിൽ പിന്നീട് രണ്ടാമത് ഗൃഹസ്ഥാശ്രമവും അങ്ങനെയൊന്നും ഒന്നില്ല എന്തുകൊണ്ടിവിടെ പറഞ്ഞു പ്രയോജനം അപശ്യത അങ്ങനൊരു പ്രയോജനവും കാണുന്നില്ല വിരക്ത അവൻ വിരക്തനാണ് കർമ്മങ്ങൾ എന്നാണ് കർമ്മത്തിൽ പ്രയോജനം കാണുന്നില്ല പിന്നെ അവന അങ്ങനെ ഗൃഹസ്ഥാശം രസിക്കുന്നു അങ്ങനെ സ്വീകരിക്കാൻ കഴിയത്തില്ല നമ്മളെ ഇന്നത്തെ സന്യാസത്തിൽ അത് സംഭവിക്കുന്നുണ്ട് സന്യാസത്തിലേക്ക് വരുന്നു പിന്നെ തിരിച്ചുപോയി ഗൃഹസ്ഥമാകും പിന്നെ ഗൃഹസ്ഥൻ തിരിച്ച് സന്യാസിയാവും തിരിച്ചു മറിച്ചുമെല്ലാം നടക്കുന്നു ഒരു വ്യവസ്ഥയുണ്ട് ആ കാര്യം ശങ്കരാചാര്യ പറയുന്ന സന്യാസാന്നല്ല വിദ്യ ഉത്പത്തിയിൽ വിരക്തി വന്ന് കർമ്മങ്ങളെ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നു അവനെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ എന്താണ് കർമ്മ നിവൃത്തി രേഖ്യവർത്തിക്കുന്നു അവൻ പിന്നീട് വൈദികമായ കർമ്മങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കുന്നില്ല അതിനെന്താ പ്രമാണം ശ്രുതി ലി ദർശന ശ്രുതി ലിംഗങ്ങൾ അവിടെയുണ്ട് ഇക്കാര്യത്തിൽ ജനകന്റെ ജാജ്ഞവൽക്കണം പറയുന്നു ജാജ്ഞമൽ പറയുന്നു മൈത്രിന്താണ് പ്രവ്രജിഷ്യൻ വരെ ഈ സ്ഥാനത്തിൽ നിന്ന് ഈ ഗൃഹസ്ഥാശ്രമവും ഈ സ്ഥാനത്തിൽ നിന്ന് പ്രവ്രജിഷ്യൻ ഞാൻ സന്യസിക്കുന്നു എന്നാണ് പ്രവ്രജ്യ എന്ന് പറയുമ്പോൾ ഗ്രഹത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് നിസ്സംഗനായി ഭാര്യയും മക്കളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല അതിന് പ്രവൃജ്യ എന്ന് പറയാൻ പറ്റത്തിട്ട് എന്നുവെച്ചാൽ ജനകന്റെയും മറ്റും അത് പ്രവൃജ്യല്ല ഇവിടെ എന്താണ് പറഞ്ഞത് പ്രവ്രജിഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നു എന്നാണ് ഈ വീട്ടിൽ നിന്ന് തന്നെ സ്ഥലം വിടുകയാണ് അതാണ് പ്രവചനം അത് ഞാൻ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത് അത് ശരിക്കും ഭാഗ്യമായി ഭാര്യമാരെയൊക്കെ ഉപേക്ഷിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയും എന്തായാലും എല്ലാവരും ഉപേക്ഷിച്ചു അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന പ്രവ്രജാനെ കുറിച്ചാണ് ശങ്കരാചാര്യ സന്യാസമെന്ന് പറയുന്നു നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടുള്ള സന്യാസമാണ് അവർ എന്നും അരേ അഹം അസ്മാനാ ഇനി ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല എന്നുള്ള വിദ്യ ഉണ്ടായി അത്രയും അറിയുന്നതിനുള്ള വിദ്യ ഉണ്ടായി അതുകൊണ്ട് ഇവിടെ മുഖ്യം സന്യാസമാണ് ഗാരഹസ്യമല്ല ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും വിദ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ ഉപേക്ഷിക്കും ജ്ഞകൾക്ക് ഉദാഹരണമാണ് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം മാത്രം മതി കർമ്മം ചെയ്യുന്നതും ചിത്രശിദ്ധി ഉണ്ടാകുന്നതും അവിടെയാണ് എന്ന് പറയുന്ന അബദ്ധമാണ് ഇവിടെ ഒരു ഇന്നത്തെ സന്യാസത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചുണ്ടാവും ശങ്കരാചാര്യ പറഞ്ഞ സന്യാസത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സന്ദർഭത്തിൽ അതായത് സാധാരണ പറയാറുണ്ട് കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി കൊണ്ട് കർമ്മം ചെയ്യുക ചിത്തശുദ്ധി ജ്ഞാനം സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നു ചിത്രശുദ്ധിക്ക് വേണ്ടി ഗൃഹസ്ഥനും ബ്രഹ്മചാരി സന്യാസി എല്ലാവരും കർമ്മം ചെയ്യുന്നു ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുല്ലേ കർമ്മം ചെയ്യേണ്ടത് ഗാർഹസ്ഥ്യത്തിലാണ് ഇവിടെയാണ് കർമ്മം ചെയ്യുന്നത് ആ കർമ്മം എന്ന് പറയുന്നത് സർവത സ്മാർത്ഥ കർമ്മങ്ങൾ അതാണ് അതാണ് മുഖ്യമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിന് ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്തു അവിടെ ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയും ഉണ്ടാകുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കും ഇപ്പൊ ബ്രഹ്മചര്യ സന്യാസം തുടങ്ങിയ ആശ്രമങ്ങളിലോ അതാണ് ഇവിടെ പറഞ്ഞത് ഇതരാശ്രമപ്രസിദ്ധാനി ഇത്തരശ്രമപ്രസിദ്ധങ്ങളായ കർമ്മങ്ങൾ ഗാർഹത്യം അല്ലാതെയുള്ള ആശ്രമങ്ങൾ അതിലാണ് മുഖ്യമായിട്ട് ബ്രഹ്മചരി സന്യാസം അവിടുത്തെ എന്താ കർമ്മങ്ങൾ ബ്രഹ്മചര്യൻ തപസ്സത്യവദനം ശമദ്മ അഹിംസ തുടങ്ങിയവയാണ് അവിടുത്തെ കർമ്മങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നാൽ ജനത അസങ്കീർണമായ കർമ്മങ്ങൾ ഹിംസാ അതിദോഷങ്ങളില്ലാത്ത കർമ്മങ്ങൾ ജാകാരി കർമ്മങ്ങളിൽ ഹിംസയുണ്ടല്ലോ ഇത് അസങ്കീർണമായ കർമ്മങ്ങൾ ചെയ്യുക ആ ബ്രഹ്മവിദ്യയിലുള്ള നിഷ്ഠയ്ക്ക് വേണ്ടി അത് ജ്ഞാനോത്പത്തിക്ക് അന്തരംഗ സാധനമാണ് അപ്പൊ ആർക്ക് എന്ത് കർമ്മം എന്നുള്ളത് നമ്മുടെ ഭാഷകാരൻ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗൃഹസ്ഥന്റെ കർമ്മം പേര് ബ്രഹ്മചാരിയുടെയും സന്യാസിയുടെ കർമ്മം പേര് ഇത്തീവമാതി ശ്രുതി ലിംഗദർശന ഇതിനെല്ലാം ശ്രുതി പ്രമാണമാണ് കർമ്മ പ്രതി ശ്രുതി യത്നാധിക്യദർശന അയുക്തമിതിച്ച് ശ്രുതി വളരെ വിപുലമാണ് ഇവർക്ക് സമാധർവ രൂപത്തിലുള്ള മന്ത്രങ്ങൾ ഇതിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ചാണ് വളരെ ചെറിയൊരു ഭാഗം അതുകൊണ്ടാണ് വേദാന്തം ഒരു ചെറിയൊരു ഭാഗം അല്പഭാഗം ഇത് മാത്രമേ സന്യാസത്തെക്കുറിച്ചും കർമ്മത്യാഗത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട് ഒരു ഗ്രന്ഥത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്ന എന്തോ അതായിരിക്കും എന്റെ പ്രധാന വിഷയം സാമാന്യ വ്യക്തിയാണ് അല്ലെങ്കിൽ ലോകനീതിയാണ് അപ്പൊ വേദത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ചാണ് അതുകൊണ്ട് കർമ്മം ഗ്രഹസ്ഥാത്രമും അതാണ് മുഖ്യം സന്യാസമുണ്ടാകുന്നത് ഇവിടെ രണ്ടുപക്ഷക്കാരാണ് ഒന്ന് ഗൃഹസ്ഥാശ്രമിയുടെ പക്ഷം മറ്റൊന്ന് സന്യാസിയുടെ പക്ഷം പക്ഷികാരൻ സന്യാസിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് പറയു പക്ഷേ ഗൃഹസ്ഥാശ്രമം ഇവിടെ നിന്നില്ല വേദത്തിൽ എന്താ പറയുന്നത് കർമ്മത്തെക്കുറിച്ചല്ലേ സന്യാസിയെക്കുറിച്ചല്ല യത്ന ആധിക്യദർശന ശ്രുതിയുടെ യത്നം മുഴുവൻ കർമ്മത്തെ വെളിപ്പെടുത്താനാണ് അയുക്തം നിങ്ങൾ പറയുന്നത് ശരിയല്ല സന്യാസത്തിനല്ല പ്രാധാന്യം ഗൃഹസ്ഥാശ്രമത്തിനാണ് പറയുന്നു ശരി എല്ലാ ഭാഷകാരും പറയുന്നു അഗ്നിഹോത്രാദി കർമ്മ പ്രതി ശ്രുതേര അധികോ യജ്ഞോ മഹാശ കർമ്മണി ആയാസോ അനേക സാധന സാധ്യത്വോ അത് അഗ്നിഹോത്രാദീന പൂർവക്ഷി പറയുകയാണ് കർമ്മങ്ങൾ വളരെയധികമുണ്ട് ആയാസം അനേകമാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അധികോ യത്ന കർമ്മങ്ങളിൽ ചെയ്യുന്നവന് ശ്രുതിയെ തന്നെ അതിൻ്റെ അധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് ശ്രുതിയുടെ യത്നം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളമോ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്ന വളരെ ആയാസകരമായ കാര്യമാണ് അനേക സാധന സാധ്യത്വ അനേക സാധനങ്ങൾ കൊണ്ട് സാധ്യമാകുന്നതാണ് കർമ്മം അഗ്നിഹോത്രാധീന അതുകൊണ്ട് അതിനാണല്ലോ പ്രാധാന്യം വരേണ്ടത് സന്യാസത്തിലെന്താ യത്നം ഒന്നുമില്ല അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കാമെന്നുള്ളതാണ് വേദം അതുകൊണ്ട് അതിനെ മുഖ്യമായി ചർച്ച ചെയ്യുന്നതേയില്ല ഒന്നും ചെയ്യാനില്ലാത്തതിനെന്ത് ചർച്ച ചെയ്യാൻ അതുകൊണ്ടും രഹസാശ്രമത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് തപോ ബ്രഹ്മചര്യാദീനാസഹിദ്രാശ്രമ കർമ്മണ ഗാർഹസ്ഥി സമാനത്വ കുറുഷ് പറയുന്നു എന്താ ഗൃഹസ്ഥാശ്രമത്തിനും ഉണ്ടല്ലോ ധർമ്മം ഗാർഹസ്ഥർമ്മം അവിടെയും വരുന്നുണ്ടല്ലോ തപസ് ബ്രഹ്മചര്യം തുടങ്ങിയത് അവിടെയും പറയുന്നുണ്ടല്ലോ സ്മൃതികൾ വിധിച്ചിട്ടുണ്ട് ഗൃഹസ്ഥനും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഗൃഹസ്ഥനും തപസ് വേണം സത്യം എല്ലാം പറയുന്നുണ്ടല്ലോ ഇത്തരാശ്രമകർമ്മണം ഗാർഹസ്ഥ്യസമാനത്വ അല്പസാധനാപേക്ഷത്വ തപസ്സും ബ്രഹ്മജതിയും തുടങ്ങിയ അനുഷ്ഠിക്കുന്നതിന് അഗ്നിഹോത്രം ചെയ്യുന്നത് പോലെയുള്ള ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല അത് പലതും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അല്പസ്വല്പം ശരീരം കൊണ്ടോ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അഗ്നിഹോത്രം പോലെയോ ജ്യോതിഷവും പോലെയൊന്നും ഉള്ളതല്ല തേശാംന യുക്ത തുല്യവത് വികൽപ്പി തസ്സീസ് അതുകൊണ്ട് എന്താണ് വേദത്തിൽ പറയുന്ന കർമ്മകാന്ഡത്തിൽ പറയുന്ന കർമ്മങ്ങളെപ്പോലെ തപസ് ബ്രഹ്മജ് അതിനൊന്നും പ്രാധാന്യം കൊടുക്കാൻ പാടില്ല അത് പൊതുവെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് വിശേഷിച്ച് പറഞ്ഞത് അഗ്നിഹോത്രം മറ്റുമാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഗൃഹസ്ഥൻ ാണ് അത് അനുഷ്ഠിക്കേണ്ടത് അവന്റെ ഗാരഹസ്യം ഒഴിവാക്കാൻ പാടില്ല അടുത്ത ചിന്ത ഇതാണ് ഒരുവൻ ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് നിർബന്ധപൂർവം പ്രവേശിക്കണമോ അതോ ബ്രഹ്മചരിയും സന്യാസവും മതിയോ പക്ഷി പറയുന്നു പ്രാധാന്യം കർമ്മത്തിലാണ് അതുകൊണ്ട് ഗ്രഹസ്ഥാശ്രമം കൂടിയേ തീരൂ പശു കാലം പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് ജന്മാന്തരകൃത അനുഗ്രഹ ആ ചെറിയ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഈ പറയുന്നത് ശരിയാണ് വേദം കൂടുതലും ചർച്ച ചെയ്യുന്നത് കർമ്മങ്ങളെ കുറിച്ചാണ് ആ കർമ്മങ്ങൾ അനുഷ്ഠാനമെങ്കിൽ ഗാർഗസ്യധർമ്മം കൂടിയേ തീരും അതിന് പ്രാധാന്യമുണ്ട് പക്ഷേ മുഖ്യമത് മുഖ്യം സന്യാസം തന്നെയാണ് അത് ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിച്ചിട്ടാകാം ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കാതെയാകാം അത് പ്രവേശിക്കാതെയാകാം അത് പ്രവേശിക്കാതെ എങ്ങനെയാകും ജന്മാന്തരകൃത അനുഗ്രഹ പൂർവജന്മങ്ങളിൽ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ജന്മ ഈ ജന്മ കിട്ടുകയാണെങ്കിൽ വർത്തമാന ജന്മം അങ്ങനെയുള്ള ആണെങ്കിൽ അവിടെ ഗർഭസ്ഥ്യത്തിൽ പ്രവേശിക്കേണ്ട കാര്യം ഇല്ല അതങ്ങനെ തർപ്പിച്ച് പറയാനുള്ള മനസ്മൃതിയിലും മറ്റും പറയുന്നു ഗൃഹസ്ഥാശ്രമങ്ങൾ പ്രവേശിക്കുക വിവിധമായ കർമ്മങ്ങൾ ചെയ്യുക ഗൃഹങ്ങളെല്ലാം വീട്ടുക അതെല്ലാം ചെയ്തതിനു ശേഷമേ സന്യാസി സ്വീകരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പാപം ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പറയുന്നുണ്ട് എണ്ണങ്ങളുണ്ട് എണ്ണത്തോടു കൂടിയാണ് ജനിക്കുന്നത് എണ്ണം വീട്ടണം ദോഷം വരും അങ്ങനെ പറയും അതിനെല്ലാം ഇവിടെ നിഷേധിക്കണം അതിനെല്ലാം സമാധാനമാണ് ജന്മാന്തരകൃത അനുഗ്രഹ ജന്മാന്തരകൃതമായ അനുഗ്രഹം ഒരു ജീവനിലുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് സന്യാസം തന്നെയാണ് എങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെയുള്ള സന്യാസം അത് പറഞ്ഞ രീതിയിൽ ബ്രഹ്മചര്യം തപസ് സത്യം തുടങ്ങിയവ അനുഷ്ഠിച്ചുകൊണ്ടുള്ള വൈദികമായ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ളത് അത്തരം സന്യാസമാണ് അങ്ങനെ അനുഗ്രഹം ജീവന്മാരിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ജീവന്മാർ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ തന്നെ സന്യാസം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അതാണ് മുഖ്യം ഗൃഹസ്ഥാശ്രമം അല്ല എന്ന് പറയുമ്പോൾ അവിടെ കർമ്മത്യാഗം സാധ്യമാണ് ഇതെല്ലാം പറയുന്നത് നമ്മളോടാണെന്ന് ധരിച്ചുകള വൈദികനോടാണ് പറയുന്നത് ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് മരണം വരെ അഗിബോധനം ചെയ്യണമെന്ന് ദൃഢമായി വിശ്വസിച്ച കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വൈദിക സമൂഹം അവരുടെ വിശ്വാസത്തെ അതിനൂടെ നിഷേധിക്കുന്നത് അത് ശരിയല്ല അത് നിർബന്ധമുള്ള കാര്യമല്ല അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് വ്യവഹാരത്തിലേക്ക് കിടക്കേണ്ട സർവകർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസം അതിനുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ അതാകാം അപ്പം അവിടെ കേവലം വിദ്യ കർമ്മങ്ങളില്ല കേവലം ജ്ഞാനം അതുകൊണ്ട് അവന് മോക്ഷം സംഭവിക്കുന്നു കർമ്മങ്ങൾ ഇതിങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വൈദികരന്ധിയും അവരെ നിരന്തര കർമ്മങ്ങളിൽ തന്നെ കാരണം യാവ ജീവം ശ്രുതി വിരിച്ചിരിക്കുകയാണ് മരണം വരെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മരണം വരെ അവർ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിന് മോചനമുണ്ടാകത്തില്ല സംസാരത്തിൽ നിന്നും നിവൃത്തി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഭാഷകാരൻ അതിന് വളരെ ഉറപ്പിച്ചു പറയുന്നു യഥുഃഖം കർമ്മണി ശ്രുതി അധികോ യജ്ഞ ഇത്യാദി എന്നാലും വീണ്ടും മുറൂഷ് പറയാണ് ശ്രുതിയുടെ യത്നം മുഴുവൻ കർമ്മത്തിലാണല്ലോ ജ്ഞാനത്തിലല്ല ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അല്പം ഗ്രന്ഥങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ വരിയിൽ പറയും മറ്റോ എത്രയോ ഗ്രന്ഥങ്ങളാണ് അതിനുവേണ്ടി കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് സ്വീകരിച്ചേ പറ്റും മുഖ്യമായി പ്രതിപാദനം ചെയ്യുന്നതായിരിക്കും അതിലെ മുഖ്യമായ പ്രതിപാദ്യം അത് സ്വീകരിക്കണം എന്ന് കുറവ് വീണ്ടും പറയാണ് നാസദോഷ അങ്ങനെയുള്ള ദോഷമില്ല ജന്മാന്തരകൃതമൊപ്പി അഗ്നിഹോത്രാതിലക്ഷണം കർമ്മ ബ്രഹ്മചര്യാദി ലക്ഷണം ച അനുഗ്രാഹം ഭവതി ബ്രഹ്മോ വിദ്യോത്പത്തി പ്രതി ജന ജന്മന ഏവ വിരക്ത ദൃശ്യന്തേ കേ പറയുന്ന നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ മതി ജന്മാന്തരകൃതമൊപ്പി അഗ്നിഹോത്രാദി ലക്ഷണം കർമ്മ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ബ്രഹ്മചര്യാദി ലക്ഷണം ബ്രഹ്മചര്യാദിരൂപത്തിലുള്ള തപസ് ഇതെല്ലാം അനുഗ്രാഹകം ഭവതി ഇതെല്ലാം അനുഗ്രാഹകമായിരിക്കും എന്ന് വെച്ചാൽ സാക്ഷാത് ഹേതുവായിരിക്കുന്നു ബ്രഹ്മ വിദ്യോത്പത്തിയും പ്രതിവിദ്യോത്പത്തിക്ക് അതെങ്ങനെ അറിയാം വേന ജന്മനായവ വിരക്ത ദൃശ്യന്തി അതുകൊണ്ടാണ് എന്താണ് ചിലർ ജന്മനായവ വിരക്ത ജന്മനാ തന്നെ ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിദഗ്ധരായി കാണുന്നു ജന്മനാ അത് പ്രകൃതിയായിപ്പോയി അവരിൽ ബ്രഹ്മചര്യാദി തപസ്സുകളും ചിത്തശുദ്ധിയെല്ലാം ജന്മനെ തന്നെ കാണുന്നു അത് കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഗൃഹസ്ഥാശ്രം മുഖ്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും അവർക്കെങ്ങനെ ഗൃഹസ്ഥാശ്രം സ്വീകരിക്കാൻ കഴിയും അതിന് പ്രയോജനമൊന്നും കാണുന്നില്ല അതുകൊണ്ട് സ്വീകരിക്കുന്നില്ല മറിച്ചും കാണുന്നുണ്ട് കെ ജിത്തു കർമ്മസുപ്രവൃത്ത വിരക്ത വിദ്യ വിദ്വേഷണ നേരെ വിപരീതമായും കാണുന്നുണ്ടല്ലോ കർമ്മസുപ്രവൃത്താഹ ആ വൈദിക സമൂഹത്തെ രണ്ടായി തിരിച്ച് കാണിക്കുകയാണ് അതിൽ അപൂർവം പേര് ജന്മനാഥനെ വിദഗ്ധരായി കാണുന്നു മറ്റു ചിലരാണെങ്കിലും അവിരക്ത അവർക്ക് വിരക്തിയൊന്നുമില്ല കർമ്മസുപ്രവൃത്താഹ അവരെ നിരന്തരം അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്തു അതിൽ മുഴുകിയിരിക്കുന്നു അവരെ എന്താണ് വിദ്യ വിദ്വേഷണ വിദ്യയെ ദ്വേഷിക്കുന്നവർ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിദ്യയെ തന്നെ അവർ വിദ്വേഷിക്കുന്നു അതിനോടാണ് അവരുടെ വിദ്വേഷം അത് സംഭവിക്കുന്നത് അവർ വിദ്യയെ സ്വീകരിക്കത്തില്ല വിദ്യ അംഗീകരിക്കത്തില്ല വിദ്യ വിദ്വേഷിക്കും അതിനെ കൊച്ഛിക്കും അവർ പറയും കർമ്മമാണ് മുഖ്യം ഉപനിഷത് വചനങ്ങളെന്ന അർത്ഥവാദവാക്യങ്ങളാണ് അതിലൊന്നുമില്ല വിദ്യയും വിദ്വേഷിക്കും വിദ്യ വിദ്വേഷിക്കുന്നത് കൊണ്ട് തന്നെ അവർ വിദ്വാനും വിദ്വേഷിക്കും എന്തുകൊണ്ട് വിദ്യ അവർക്ക് അനുകൂലമല്ല വിദ്വാനും അവർക്ക് അനുകൂലമല്ല അപ്പൊ നമുക്ക് അനുകൂലമല്ലാത്തവരെയൊക്കെ ദ്വേഷിക്കും പറയുന്നു കേജി അങ്ങനെ ലോകത്ത് കാണുന്നുണ്ടല്ലോ ഇത് രണ്ടും കാണുന്നുണ്ട് ചിലർ ജന്മനാ വിരഗ്ധന്മാരായിരിക്കും ചിലർ ജന്മനാ തന്നെ ഇതിനെല്ലാം എതിരായിരിക്കും കർമ്മത്തിന് മൊഴി ോകമങ്ങനെയാണ് തസ്മാന്തര സംസ്കാരേഭ്യോ വിരക്താനം ആശ്രമാന്തര പ്രതിപത്തിഷ്യത അതുകൊണ്ട് പൂർവജന്മങ്ങൾ ചെയ്ത സംസ്കാരങ്ങൾ കൊണ്ട് വിരക്തനായവർ അവർക്ക് ഗൃഹസ്ഥാശ്രമമല്ല ആശ്രമാന്തര പ്രതിപത്തിയാണ് അവർക്ക് വിധിച്ചിരിക്കുന്നത് സന്യാസമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ധർമ്മമനുസരിച്ച് ആശ്രമ വർണ്ണ വ്യവസ്ഥിതി അനുസരിച്ച് പഴയ നിലനിന്നിരുന്ന സന്യാസത്തിൽ ഒരു ദോഷമില്ല മറിച്ച് സന്യാസമാണ് മുഖ്യം ആശ്രമാന്തര പ്രതിപത്തി ഗൃഹസ്ഥാശ്രമത്തിന് നന്യമായ ആശ്രമം അതാണ് ആ സംസ്കാരമുള്ളതിനു വേണ്ടി നിർദ്ദേശിക്കാനുള്ളത് മറിച്ചല്ല ഗൃഹസ്ഥാശ്രമമല്ല അവനൂടെ ഭാഷകാരൻ ശക്തമായി ഗൃഹസ്ഥാശ്രമത്തെ നിഷേധിക്കുകയാണ് അവരുടെ ജന്മനാൽ അങ്ങനെ ഒരു മനഃശുദ്ധി ആധ്യാത്മിക ജിജ്ഞാസയും വാസനയും ഒക്കെ ഉള്ളവൻ അതിനെയെല്ലാം പരിപാലിച്ചുകൊണ്ട് സന്യാസാശ്രമത്തിൽ കഴിയുന്നതാണ് ഉത്തമം ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്നാണ് ഇവിടെ പറയുന്നത് കർമ്മഫലബാഹുല്യാച്ചാശമത്തിൽ പ്രവേശിച്ചാലോ എന്താന ധർമ്മനുഷ്ഠിച്ചേ പറ്റും കർമാനുഷ്ഠിച്ചേ പറ്റും കർമ്മഫലം അനന്തമാണ് അയാൾക്ക് അനന്ത ജന്മങ്ങളെ സ്വീകരിക്കേണ്ടി വരും പുത്ര സ്വർഗ ബ്രഹ്മവർച്ചസാദി ലക്ഷണഫല അസംഖ്യേയത്വമാണ് പുത്രൻ സ്വർഗം ബ്രഹ്മവർച്ചസം വേദാധ്യനം കൊണ്ടുവരുന്ന സിദ്ധി ഇങ്ങനെയുള്ള കർമ്മഫലങ്ങൾ അസംഖ്യമാണ് ഈ കർമ്മഫലങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ശരീരം സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട തത്പ്രതിജ പുരുഷാണബാഹുല്യ തദർത്ഥൃത്തി അധികോയത് കർമ്മസുദ്ധി ഇനി പറഞ്ഞല്ലോ വിദ്യാവിദ്വേഷികളാണ് അവർക്കിതിനുള്ളൊരു താല്പര്യമേ അവർക്ക് കർമ്മത്തിലാണ് താല്പര്യം അവർക്ക് കാമനകളുണ്ട് അവർക്ക് കാമ്യങ്ങളായി പലതും നേടണം പശുപുത്രാദികളെല്ലാം പുരുഷാണാം കാമബാഹുല്യ കാമാധിക്യമുള്ള ജീവന്മാർ അങ്ങനെയുണ്ട് പുരുഷന്മാർ എന്ന് വെച്ചാൽ ജീവന്മാർ തഥർത്ഥ അവർക്ക് വേണ്ടി അവരാണല്ലോ കൂടുതലും ഉള്ളത് അങ്ങനെയുള്ള മനുഷ്യര് കൂടുതലാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിൽ കാമവും കൂടുതലാണ് തഥർത്ഥ അവർക്ക് വേണ്ടി ശ്രുതിയിൽ അധികോയത്ഥ കർമ്മസൂപത്തി അതുകൊണ്ട് ശ്രുതി എന്തു ചെയ്യുന്നു വളരെ വിപുലമായി കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിന്റെ അധികാരികളാണ് കൂടുതൽ ലോകത്തിൽ കാമനകളുള്ള മനസ്സാണ് കൂടുതൽ വിരക്തമായ മനസ്സ് വളരെ കുറവാണ് ആട്ടർ കുറച്ചേ ഉള്ളൂങ്കിൽ അതിന് കുറച്ച് പറഞ്ഞാൽ മതി കൂടുതലാണെങ്കിൽ അത് കൂടുതൽ പറയേണ്ടി വരും ആശിഷാം ബാഹുല്യ ദർശന കാമനകൾ വളരെ കൂടുതലാണ് കാമികളും കൂടുതലാണ് അപ്പം അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണ്ടേ അവരുടെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് ആശിഷാം ബാഹുല്യ ദർശനം അങ്ങനെ ഇതം മേസ്യാദ് ഇതം മേസിയത് ഒരാൾ പശുവിനെ ആഗ്രഹിക്കുന്നു ഒരാൾ പുത്രനെ ആഗ്രഹിക്കുന്നു ഒരാൾ ലോകത്തെ ആഗ്രഹിക്കുന്നു മറ്റൊരാൾ വിത്തത്തെ ആഗ്രഹിക്കുന്നു ബാഹുല്യ ദർശന ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനേക ജീവന്മാരുടെ ആഗ്രഹത്തിന് വേണ്ടതെല്ലാം ശ്രുതി പറയണം അതുകൊണ്ട് നാനാ തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും നാനാ തരത്തിലുള്ള ഫലത്തെക്കുറിച്ചും അത് കാമനയുടെ ബാഹുല്യം ഉള്ളത് അത് ശ്രേഷ്ഠമായതുകൊണ്ടാണ് ആവശ്യക്കാർ കൂടുതലുണ്ട് അതുകൊണ്ട് കൂടുതൽ വിഭവങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് വേദത്തിൽ അല്ല അത് ശ്രേഷ്ഠമായതുകൊണ്ടല്ലോ ഉപായഭൂതാൻ ഹി കർമാണി വിദ്യാ പ്രതീതി അപോച എന്നാൽ ഇതിനെ വളരെ സമന്വീയമായ ദൃഷ്ടിയിൽ മനസ്സിലാക്കണം ഏകപക്ഷീയം മനസ്സിലാക്കരുത് കർമ്മങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച് തള്ളിക്കളയരുത് പക്ഷകാരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കർമ്മത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം ഇനി ഒരുവന് പൂർവ്വ സംസ്കാരത്തിന്റെ ബലമില്ല അവന് വിദ്യ പ്രകാശിക്കുന്നില്ല അവൻ ഗൃഹസ്ഥാശ്രമ സ്വീകരിച്ചേ പറ്റും വിദ്യ അല്ലാതെ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കാൻ വേറെ ഉപായമൊന്നും കർമ്മത്യാഗത്തെ സാധൂകരിക്കുന്നതിന് വേറെ പ്രമാണങ്ങളൊന്നും അതിനൊന്നേ ഉള്ളൂ വിദ്യ ആ വിദ്യ കൊണ്ട് വരുന്ന വിരക്തിയും മറ്റുമൊക്കെയാണ് ആ വിദ്യ ഒരുവനിൽ പ്രാപിക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ ആ വിദ്യയുടെ ഫലമായ വിരക്തിയും മറ്റു ഒരുവനും കാണുന്നില്ല ആ വിദ്യയെ ഫലവത്താക്കുന്ന ബ്രഹ്മചര്യാദി തപസ്സുകളൊന്നും ഒരാളിലില്ല ഇല്ലെങ്കിൽ അയാൾ കർമ്മ ചെയ്യുക അതിന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക കർമ്മം അനുഷ്ഠിക്കുക മനഃശുദ്ധി നേടും അതുകൊണ്ട് ഉപായ ഭൂതാൻ ഹി കർമാണീ വിദ്യാമ്പ്രതി വിദ്യയെ സംബന്ധിച്ച് കർമ്മങ്ങൾ ഉപകാരകങ്ങളാണ് ഇത്യാബോച അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് മറക്കരുത് കർമ്മത്യാഗും കർമ്മത്യാഗവും പറയുമ്പോൾ കർമ്മത്തിന്റെ പ്രാധാന്യത്തെ മറക്കരുത് അത് മാത്രമല്ല ഉപ്പായേ അധികോ യത്ന കർത്തവ്യ ഉപ്പേയെ മാർഗത്തിലാണ് അധികമായ യത്നം മുഴുവൻ ഉപേയത്തിൽ ലക്ഷ്യത്തിലല്ല എന്നത് ഹിമാലയത്തിൽ കയറുന്നതിനും അതിന്റെ മുകളിൽ എത്തുന്നതിനും ഒരുപാട് യത്നം ആവശ്യമുണ്ട് മുകളിലെത്തിക്കഴിഞ്ഞാലോ ഇവിടെ യത്നമില്ല അപ്പൊ ഉപായവും ഉപേയവും ഉപായം മാർഗം ഉപേയവും ലക്ഷ്യം ഉപായത്തിൽ യത്നം കൂടുതൽ ആവശ്യമുണ്ട് അത് ശ്രുതിക്കായാലും കൊണ്ട് ജീവനായാലും ശ്രുതി എന്ത് ചെയ്യുന്നു കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനങ്ങളെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യും ജീവന്മാരെന്ത് ചെയ്യുന്നു ഒട്ടുമുക്ക ജീവന്മാരും കൂടുതലും കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു വൈദികമോ ലൗകികമോ എന്തായാലും കർമ്മം ആണ് അവനെ തൃപ്തിപ്പെടുത്തുന്നത് കർമ്മം കൂടിയേരിക്കും അപ്പോൾ അതൊരു ഉപായമായി എന്തുകൊണ്ട് അവിടെയാണ് യത്നം അധികമായി ചെയ്യേണ്ടി വരുന്നത് ഉപയത്തിലില്ല പരമമായ ഉപയോഗം മോക്ഷം അവിടെ എന്താ പ്രവർത്തിക്കാനൊന്ന് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ആയാസം അവിടെയില്ല ബാഹ്യമായ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ മാനസികമായല്ല ശാരീരികമായും ആയാസം വളരെ കൂടുതലാണ് കാരണം അതൊക്കെ ഉപായങ്ങളാണ് മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉപായമല്ല ഉപേയമാണ് സ്ഥലവുമായ പ്രാപ്തി സ്ഥാനമാണോ അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഇനി അത് പിന്നിലേക്ക് വരുമ്പോ മോക്ഷത്തിൽ നിന്ന് പിന്നിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് മുന്നിലേട്ട് പോകുമ്പോൾ അവിടെ യജ്ഞത്തിന് വ്യത്യാസം വരും യത്നം കുറഞ്ഞു വരും നിഷ്കാമകർമ്മം അവിടെ കർമ്മ ആയാസം ഇല്ലാതാവും അത് കഴിഞ്ഞ് ബ്രഹ്മചര്യൻ കർമ്മം അതും ഇതിനപേക്ഷിച്ച് ആയാസരഹിതമാണ് ബ്രഹ്മചാരികൾ അതിന് യോഗ്യതയുള്ളവനെ അനുഷ്ഠിക്കാൻ പറ്റുമോ അല്ലാത്തവനെ സംബന്ധിച്ച് അനുഷ്ഠിക്കാനേ സാധിക്കുന്നു യോഗ്യത എന്ന് പറയുന്നത് എന്താണ് അത് ആയാസരഹിതമായി അനുഷ്ഠിക്കാൻ കഴിയാന്നുള്ളതാണ് സത്യവും അത് മറ്റൊന്നിനും ഉപേയവും വേറെ ഒന്നിനുപായവുമാണ് ബ്രഹ്മചര്യാദ കർമ്മത്തെ സംബന്ധിച്ച് അത് ഉപ്പേയമാണ് കർമ്മമനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലൂടെയാണ് തപസും സത്യമൊക്കെ വരേണ്ടത് അതുകൊണ്ട് കർമ്മത്തിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യാദികൾ ഉപേയമാണ് അപ്പൊ അവന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നവരുടെ ഉപായത്തിലാണ് കർമ്മത്തിലാണ് ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം സന്യാസം ഉപേയമാണ് ലക്ഷ്യമാണ് ഗർഹസ്ഥൻ തന്നെ അയാളുടെ ഉപായം അവിടെ അയാൾക്ക് കൂടുതൽ യത്നമനുഷ്ഠിക്കേണ്ടി വരും ഉപായ ഉപേയത്തിലല്ല സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഉപേയമായിരിക്കുന്നത് മോക്ഷം അവിടെ ഒരു യത്നവുമില്ല പക്ഷെ ഉപേയമായിരിക്കുന്ന ബ്രഹ്മചാരികൾ അവിടെ യത്നമുണ്ട് പരിശ്രമം ആവശ്യമാണ് അതുകൊണ്ടാ തത്വത്തെക്കുറിച്ച് പറയുന്നു ഉപ്പായേ അധികോ യത്ന കർതവിയോ ഉപ്പേയെ ഇത് സർവത്ര സമാനമാണ് എവിടെയായത് എവിടെയെല്ലാം മാർഗവും ലക്ഷ്യമുണ്ടോ അവിടെയെല്ലാം ഇത് സമാനമാണ് അതുകൊണ്ട് ശ്രുതി കർമ്മത്തെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നു ജീവന്മാർഗ്ഗ കാമനകൾ ധാരാളമുണ്ട് ഗ്രഹസ്ഥാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് അനുഷ്ഠിക്കാൻ ധാരാളം കർമ്മങ്ങളുമുണ്ട് അവിടെ അതെല്ലാം നടക്കട്ടെ അതുകൊണ്ട് വരേണ്ട ചിത്തശുദ്ധി വരട്ടെ പക്ഷെ പൂർവ്വജന്മ അനുഗ്രഹം കൊണ്ട് വർത്തമാന ജന്മത്തിൽ മനഃശുദ്ധിയും ഈശ്വരാനുഗ്രഹവുമൊക്കെയായി ജനിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന് ഗൃഹസ്ഥാശ്രവും കർത്തവ്യുമല്ല മറിച്ച് അവന് കർത്തവ്യമായിരിക്കുന്നത് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസമാണ് അതാണ് മുഖ്യം എന്നുള്ള കാര്യമാണ് ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത് മിത്ര സംവരുണ സംോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുമ നമോ നമസ്തേ വായമ സത്യം വരിഷ്യമി സന്മാമവു തദ് അരം സി സ